നമ്മുടെ പക്കൽ നിന്നുള്ള സത്യവുമായി അദ്ദേഹം അവരുടെ അടുക്കൽ വന്നപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരുടെ പുത്രന്മാരെ നിങ്ങൾ കൊന്നുകളയുക അവരുടെ സ്ത്രീകളെ ജീവനോടെ വയ്ക്കുക സത്യനിഷേധികളുടെ തന്ത്രങ്ങൾ വഴിപിഴച്ചവയാണ്